എല്ലാവർക്കും എൻ്റെ പ്രമാണം ഗീതാ ദർശനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക മനസ്സിൻ്റെ വിഷമസ്ഥിതി സമസ്ഥിതി പാലത്ത് കാണുന്നത് സത്യമാണ് നെച്ചിൻ്റെ ചിട്ട രാഗദ്വേഷ കരുഷമാകുന്ന മനസ്സിൻ്റെ സ്ഥിതിയാണ് വിഷമസ്ഥിതി വിഷമസ്ഥിതിയിൽ എത്തി നിൽക്കുന്ന മനസ്സിൻ്റെ അർജുനന് സംഭവിച്ചതുപോലുള്ള വിഷാദവും പരിഭ്രമവും ഒക്കെ സംഭവിക്കാം അത് ദിവസേന പത്രമൊക്കെ എടുത്തു നോക്കുക എത്ര ഗംഗയവനായാലും മനസ്സ് വിഷമസ്ഥിതിയിലാണോ ഇതൊക്കെ സംഭവിച്ചു അനന്താമൃഗം സമസ്ഥിതിയിലെത്തിക്കുക മനസ്സിനെ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ബ്രഹ്മം ബോധം ബോധമാണ് ഈ കാണുന്നതൊക്കെ അത് ശാസ്ത്രീയമായി ചിന്തിച്ചറിഞ്ഞ് എല്ലാം ഒന്നെന്നുറപ്പുവരുത്തി രാഗദ്വേഷങ്ങൾ ഇല്ലാതാക്കി ശാന്തതലത്തിൽ എത്തി നിൽക്കുന്ന മനസ്സാണ് സമസ്ഥിതി ഈ സമസ്ഥിതിയിൽ ബ്രഹ്മാനന്ദം എപ്പോഴും അനുഭവപ്പെടും മനസ്സിൻ്റെ സമസ്ഥിതി തന്നെയാണ് ്രഹ്മാനുഭവം വിഷമസ്ഥിതിയിൽ നിന്നും ഈ സമസ്ഥിതി നേടാനുള്ള ഉപായങ്ങളാണ് പിന്നെ രണ്ടെണ്ണം പറയുന്നത് സാഖ്യബുദ്ധി യോഗബുദ്ധി ഇതാണ് സാങ്ഖ്യബുദ്ധി ഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പദാർത്ഥങ്ങളെ എണ്ണി വേർതിരിച്ചിട്ട് സത്യമേത് അസത്യമേത് എന്ന ശാസ്ത്രീയമായി കാട്ടിത്തരുന്ന യുക്തിയാണ് സാഖ്യബുദ്ധി ഇവിടെ രണ്ട് രണ്ട് പദാർത്ഥങ്ങളെ പുറമേ തന്നെ കാണാനുള്ളൂ ആ രണ്ട് പദാർത്ഥങ്ങൾ കാണാം ജഡവും ബോധവും ജഡം അസത്യം ബോധം സത്യം ഇത് നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു ജഡവും ബോധവും എന്ന ഒരുപാട് പര്യായങ്ങളുണ്ട് അത് മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ ഓരോന്നും വരുമ്പോൾ ഇതൊക്കെ വേറെ വേറെ എന്തോ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും ജഡബോധങ്ങളാൽ ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്നും പറയാം ക്ഷേത്രം ജഡം ക്ഷേത്രജ്ഞൻ ബോധം ഗീത പതിമൂന്നാം അധ്യായത്തിൽ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ക്ഷേത്രം ജഡം ക്ഷേത്രജ്ഞൻ ബോധം ഇനിയും പ്രസിദ്ധമായ രണ്ട് പര്യായങ്ങളുണ്ട് ദൃശ്യം ദൃക് ദൃശ്യം ജഡം ദൃക്ക് ബോധം ദൃശ്യം കാണപ്പെടുന്ന വസ്തു ദൃക്ക് കാണുന്ന വസ്തു കാണപ്പെടുന്ന വസ്തു ജഡം കാണുന്ന വസ്തു ബോധം ഇത് നല്ലവണ്ണം കേട്ട് ആ വാക്കുകളെങ്കിലും ഓർമ്മിച്ച് വെക്കുക ദൃക് ഹ പരസ്പരവിലക്ഷണവും ദൃഗ്രഹ്മ ദൃശ്യം മായേ തി സർവ വേദാന്ത ഡിണ്ടിമാർക്കന്നം ദൃശ്യം രണ്ടേ രണ്ട് പദാർത്ഥങ്ങളെ ഇവിടുള്ളൂ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഈ രണ്ട് പദാർത്ഥങ്ങളിൽ ഒതുക്കി വേദാന്തം ഗീത അതുപോലെ മറ്റ് വേദാന്ത ഗ്രന്ഥങ്ങൾ നമുക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ ഈ രണ്ട് വാക്കുകളും ഓർമ്മിക്കാനെന്താ പ്രയാസം ദൃഗ്ബ്രഹ്മം ദൃക്കാണ് ബ്രഹ്മം അഥവാ ബോധം ദൃശ്യം മായ മായ എന്ന് വെച്ചാൽ ദൃശ്യം ജഡം അത് മായ അതെങ്ങനെ ഉണ്ടായി ആർക്കും നിശ്ചയമില്ല എന്തിനുണ്ടായി ആർക്കും നിശ്ചയമില്ല എപ്പോഴുണ്ടായി ഒന്നും അറിഞ്ഞുകൂടാം ഒന്നും അറിഞ്ഞുകൂടാം ആ ജഡത്തിന് സ്വയം ഉണ്ടെന്ന് അനുഭവം ഇല്ല ജഡം ഒരു ശൂന്യ പ്രതിഭാസമാണ് ബോധം ഉണ്ടെന്ന് പറഞ്ഞാലേ ജഡമുള്ളൂ അപ്പോൾ വാസ്തവത്തിൽ ജഡം എന്ന സ്വതന്ത്രമായ ഒരു വസ്തു ഇല്ല പിന്നെ തോന്നുന്നത് ഭ്രമം മായ അതാണ് മായ യുക്തിയില്ല യുക്തിഹീന പ്രകാശസപ്ഞമായ മായ ഈ ജഡങ്ങൾക്ക് യുക്തി എന്നു വെച്ചാൽ എവിടെ നിന്നുണ്ടായി എന്തിനുണ്ടായി ജഡത്തിൻ്റെ സൂക്ഷ്മരൂപമാണ് എനർജി വേദാന്ത ഭാഷയിൽ പ്രാണൻ സ്പന്ദനങ്ങളുടെ ഒരു പ്രവാഹമാണ് പ്രാണൻ അഥവാ എനർജി ഈ സ്പന്ദനം എവിടുന്നുണ്ടായി ആർക്കും അറിഞ്ഞുകൂടാ മോഡേൺ സയൻസൊക്കെ ഇതറിയാൻ വയ്യാതെ ഇരുട്ടിൽ കിടന്ന തപ്പുമാണ് പരിഭ്രമിച്ച് എന്തെല്ലാമോ അവർ ശ്രമിക്കുന്നുണ്ട് ഒരു വിരോധവും ഇല്ല ശ്രമമൊക്കെ നടക്കട്ടെ പക്ഷെ സത്യം സൂര്യതുല്യം ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട് എനർജിയുടെ സ്പന്ദനം മുതൽ ജഡമാണ് ഉണ്ടായി മറയുന്നത് ഒക്കെ ജഡം എവിടുന്നുണ്ടായി എന്തിനുണ്ടായി നിശ്ചയമില്ല എനർജിയുടെ ആദ്യത്തെ സ്പന്ദനം പ്രാണന്റെ ആദ്യത്തെ സ്പന്ദനം എവിടുന്നുണ്ടായി അത് ബോധത്തിൽ നിന്ന് ഉണ്ടായെന്ന് പറഞ്ഞുകൂടെ സാർ നോക്കില്ല ബോധത്തിൽ നിന്ന് ജഡം ഉണ്ടാവില്ല ആചാര്യസ്വാമികൾ പറയുന്നത് മപ്രകാശക വിരുദ്ധസ്വഭാവയോ ഇരുട്ടും വെളിച്ചവും പോലെ ഇത് രണ്ടും വിരുദ്ധമാണ് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുണ്ടാവില്ല ഇരുട്ടില്ലെന്ന് വെളിച്ചം ഉണ്ടാവില്ല ഇരുട്ടും വെളിച്ചവും കൂടിച്ചേരാനും പറ്റില്ല അപ്പോൾ ജഡമായ എനർജി എനർജി ജഡമാണ് സ്ട്ടിൽ മാറ്റർ ആ എൻജിയാണ് പിന്നെ ഇതൊക്കെ ഈ ജലമൊക്കെ ആയിരിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും സമ്മതമാണല്ലേ ഇതോടെ നിന്ന് ഉണ്ടായി അല്ല ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാൻ സാർ ഇതൊക്കെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുമോ സാർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാ ചോദിച്ചാൽ അപ്പം മനസ്സിലാവുന്ന കാര്യം പറയാട്ടോ അതും മതിയോ അവിടെ ഒരാളുണ്ടായിരുന്നു എവിടെ ആർക്കറിയാം ഏ മനസ്സിലാവുന്നോ ഇല്ലയോന്നുള്ളതല്ല സത്യം സത്യമായിട്ട് ഗ്രഹിക്കണം അതിനെന്ത് ശ്രമവും ചെയ്യണം എന്ത് ക്ലേശവും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കണം അറിവുള്ളവരുമായി ചർച്ച ചെയ്യണം തത് ചിന്തനം തത്കഥനം അന്യോന്യം തത് പ്രബോധനം അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് പറയുക അന്യോന്യം സംസാരിക്കുക സംശയങ്ങൾ തീർക്കുക സംശയമുണ്ടെങ്കിൽ എന്തായാലും ശരി ഇതിൽ കയറിപ്പരം ഒരു സത്യവിന് ഒരു കാലത്തും ആരും കണ്ടെത്താൻ പോകുന്നില്ല അപ്പോൾ ഇത് രണ്ടും ഓർമ്മിക്കുക ബ്രഹ്മം ബോധം കർമ്മം ജഡം അതെങ്ങനെ സാർ കർമ്മം ജഡമാകുന്നത് അത് സ്പന്ദനം ജഡത്തിനാണ് ബോധത്തിന് സ്പന്ദനം ഇല്ല ബോധം ബ്രഹ്മം നിറഞ്ഞു നിൽക്കുകയാണേ നിറഞ്ഞം അതു എവിടെ സ്പന്ദിക്കും അതിൽ നിന്നൊരു സ്പന്ദനം ഉണ്ടാകാനും വയ്യ സ്പന്ദനം ഇല്ലാത്തതിൽ നിന്നൊരു സ്പന്ദനം എങ്ങനെ ഉണ്ടാവും അപ്പൊ പിന്നെ ഈ സ്പന്ദനം അനന്ത കോടി ഇതാണെന്നു ആലോചിച്ച് നോക്കുക വാസ്തവത്തിൽ എന്നൊരു അത്ഭുതം അനന്ത കോടി ബ്രഹ്മണ്ഡങ്ങൾ മില്യൻസ് ഓഫ് സോളാർ സിസ്റ്റംസ് അതൊക്കെ ഇന്ന് മോഡേൺ സയൻസിനും ഒക്കെ സമ്മതമാണ് ഈ സ്പന്ദനത്തീന്നാണ് ആദ്യം ഉണ്ടാകുന്ന എനർജിയുടെ കൊച്ചു കൊച്ചു സ്പന്ദനങ്ങളില്ല ഈ കൊച്ചു കൊച്ചു സ്പന്ദനങ്ങൾ എങ്ങനെ ഈ ജഡത്തെ ഉണ്ടാക്കി സാർ ഈ ഈ ഈ മേശയും കസേരയും സ്പന്ദന പ്രവാഹം അതെങ്ങനെ സാധിക്കും സാർ ഓരോ സ്പന്ദനവും സ്പന്ദിച്ച് അടങ്ങുകയല്ലേ പിന്നെ അത് എവിടെ പ്രവഹിക്കും ഒന്നും ചോദിക്കരുത് ആർക്കും പിടിയിട്ടില്ല പിടിയിട്ടിട്ടുമില്ല യുക്തിയില്ല സ്പന്ദനം ആദ്യ സ്പന്ദനം ഉണ്ടായി എന്നതിന് തന്നെ യുക്തിയില്ല പിന്നെ അത് പ്രവഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് കഥ അപ്പം സാറേ ഇതൊക്കെ കാണുന്നത് കാണുന്നു അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് കാണുന്നുണ്ട് കാണുന്നത് കൊണ്ട് മാത്രം ഒന്നും സത്യമാവില്ല സ്വപ്നം കാണുന്നില്ലേ എന്താ സ്വപ്നം സത്യമാണോ കുറച്ച് ഇല്ലാതാവുന്നു പെട്ടെന്ന് പൊന്തി കാണുന്നു സ്വല്പനേരം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ മറയുന്നു ആദിയിലും അന്ധത്തിലും അതില്ല ഇടയ്ക്ക് അല്പസമയമുണ്ടെന്ന് തോന്നുന്നു അത് ഇടയ്ക്കുണ്ടെന്ന് തോന്നുമ്പോഴും ഇല്ലാത്തതു തന്നെ ഇതാണ് തീരുമാനം ഒന്നുകിൽ ഇതിൻ്റെ ആദി കണ്ടുപിടിക്കും അല്ലെങ്കിൽ അവസാനം കണ്ടുപിടിക്കും ഒന്നും സാധ്യമല്ല അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ ഋഷീശ്വരന്മാർ മായ ഇത് മായാ യുക്തിയില്ലാത്ത കാഴ്ച അങ്ങനെ ഉണ്ടാകുമർ ഉണ്ടാകാമെന്നുണ്ടാവും മരുഭൂമിയിൽ നട്ടുച്ചയ്ക്ക് ഒന്നന്തരം ജലപ്രവാഹം കണം ഒരു തുള്ളിവെള്ളം അവിടെ ഇല്ല അടുത്തോട്ട് പോയി പരീക്ഷിക്കും ദൂരെ നിന്നും മരുഭൂമിയിൽ ഈ വെള്ളം എങ്ങനെ ഉണ്ടായി എന്നന്വേഷിച്ചാൽ ഒരിക്കലും പിടികിട്ടില്ല അങ്ങ് കയറി ചെല്ലുമോ അല്ല അതുപോലെ ഇവിടെ കയറി ചെല്ലാൻ വല്ല മാർഗവും ഉണ്ടോ ഉണ്ടല്ലോ ഈ സത്യം നമ്മളൊക്കെ ഉള്ളിൽ സദാപ്രകാശിക്കുകയാണ് പക്ഷേ ഒട്ടേറെ മറകൾ ഈ ജഡം സത്യമെന്ന് തോന്നിയിട്ട് ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങളും കാമക്രോധാതി വികാരങ്ങളും ആ സത്യത്തിൻ്റെ പൂർണ്ണരൂപം മറച്ചിരിക്കുന്നു ബോധം ഞാൻ ഞാൻ എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സദാ സകല ജീവികളുടെയും ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ബ്രഹ്മാതി പിലികു പ്രോത ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ ഉള്ള ജീവികളിൽ ഈ ഞാൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മറയകറ്റിയാൽ ഈ ഞാൻ ലോകമെന്നും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദഘനമായ ബ്രഹ്മമാണ് എന്ന് നമുക്കനുഭവിക്കാൻ കഴിയും മറയകറ്റാൻ ആരാ ശ്രമിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞാലും അതാർക്കും കൊണ്ടത് ഈ കർമ്മയമായ ജീവിതം നയിക്കവേ തന്നെ എൻ്റെ മറ അകറ്റാൻ പറ്റും മറ എന്താ രാഗ രാഗവും ദ്വേഷവും അകന്നാൽ നമ്മുടെ ഉള്ളിൽ രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പല പേരുകളുണ്ട് അസൂയ മോഹം ഇങ്ങനെ ഒട്ടേറെ പേരുകൾ ഈ ലോകത്തെ ഇളക്കിമറിക്കുന്നത് മുഴുവനും ഈ രാഗദ്വേഷങ്ങളാണ് കൃഷ്ണൻ തന്നെ ഈ രണ്ടാമധ്യായത്തിൽ പറയുന്നില്ലേ ഇനി പറയാൻ പോകുന്നു രാഗദ്വേഷ വിയുക്തൈസ്തു ഇതെല്ലാം പലർക്കും അറിയാവുന്ന പദ്യമാണ് രാഗദ്വേഷുക്തൈസ്തു വിഷയൻ ഇന്ദ്രിയൈശ്വരൻ നിങ്ങൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യൂ പക്ഷെ ഈ സത്യം അറിഞ്ഞുകൊണ്ട് വിഷയം ജഡമാണോ അതില്ല ഇല്ല എന്നറിഞ്ഞാൽ പിന്നെ എന്തിനു കൈകാര്യം ചെയ്യുന്നു സാർ നിവൃത്തിയില്ല നമ്മൾ വന്നു പെട്ടുപോയി ഈ ഇരുട്ടിൽ പെട്ടുപോകുകയും അപ്പോൾ ആ ഇരുട്ടിനെ കൈകാര്യം ചെയ്യാതെ വേറെ മാർഗമില്ല അവിടുന്ന് ഓടിപ്പോവാനൊക്കില്ല അപ്പോൾ കാര്യം അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യും ഇരുട്ടാണെന്നറിഞ്ഞുകൊണ്ട് ഇരുട്ടിൽ നിൽക്കും വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ടും മാറും എന്നോർമ്മിച്ചുള്ളൂ അല്ലാതെ ഇരുട്ടിനെ എന്ത് ചെയ്യാനൊക്കെ ഇരുട്ടിനെ അടിച്ചു തുരത്താനൊക്കും ഒന്നുമില്ല അപ്പം വിഷയങ്ങളെ കൈകാര്യം ചെയ്തേ പറ്റൂ വേറെ മാർക്കോ ഒന്നുമില്ല പക്ഷേ ഈ സത്യം പറഞ്ഞോളൂ ഇതൊക്കെ ഒരു നേരം പോക്ക് ഇല്ല അതുകൊണ്ടാണ് അർജുന നീ വിഷമിക്കുന്നു എവിടെ ഭീഷ്മരും ദ്രോണരും അവരുടെ ഈ ശരീരങ്ങൾ ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് യുദ്ധം ചെയ്യും നെയ് ഞാൻ ഭീഷ്മരെ കൊല്ലുന്നു അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അന്തവന്തയുമേ ദേഹാഹ അതാണ് ജഡം ബോധം അന്തവന്തയുമേ ദേഹാഹ ഈ ദേഹങ്ങൾ ജഡങ്ങൾ ഇല്ലാതാവും അർജുന അവ എവിടുന്ന് വന്നുവെന്നൊന്നും നിശ്ചയമില്ല പക്ഷേ നിത്യസ്യൂക്ത ശരീരണ അതാണ് ബോധം നിത്യനായ ശരീരീ അതാശിനോ അതൊരിക്കലും നശിക്കുന്നില്ല അതിനെ നശിക്കാൻ നശിപ്പിക്കാൻ നിനക്കൊന്നും ഒരിക്കലും സാധ്യമല്ല അന്തവ നൈമേദേഹുക്ത ശരീരണ പ്രമേയസ്യ ആ ശരീരി ആ ബോധം നശിക്കാത്തതാണ് അപ്രമേയസ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ടതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്തിനു കണ്ടുപിടിക്കണം ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നനുഭവിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഉള്ളിൽ സദാ പ്രകാശിക്കുകയല്ലേ അത്രയും വ്യക്തമായി പ്രകാശിക്കുന്ന മറ്റെന്തുണ്ട് അതുകൊണ്ട് അർജുന യുദ്ധ സ്വ യുദ്ധം ചെയ്യണൂ ഇവിടെ ആരും മരിക്കുന്നുമില്ല ഇതാണ് ഈ ജഡബബോധവിശകലനം ഗംഭീരമായിട്ട് ലോകത്ത് പ്രവർത്തിക്കൂ പക്ഷേ വിഷാദിക്കരുതും ദുഃഖിക്കരുതും എന്താ കാര്യം ഇവിടെ ദുഃഖിക്കാനൊന്നുമില്ല അല്ല സാറേ എൻ്റെ ഒരു ബന്ധുവിന് വല്ലാത്ത സൂക്കട് അതിനെന്തിടോ പറ്റുന്നിടത്തോളം നല്ല ഡോക്ടറെ കൊണ്ട് ചികിത്സിക്കുമോ വിഷാദിച്ചാൽ രോഗം മാറുമോ അല്ലാതില്ല എന്നാൽ വിഷാദിക്കാതെ ബന്ധുവിൻ്റെ രോഗം ഏറ്റവും നല്ലൊരു ഡാക്ടറെ കൊണ്ട് ചികിത്സിച്ചു നമ്മുടെ ഒക്കെ ആഗ്രഹം വിഷാദം മാറിക്കിട്ടണം വിഷാദം എന്ന് വെച്ചാൽ ദുഃഖം സകലരും ഈ ലോകത്ത് ചന്ദ്രനിൽ പോകാൻ കൊതിക്കുന്ന ശാസ്ത്രജ്ഞൻ പോലും എന്തിനു പോകുന്നു ദുഃഖം മാറിക്കിട്ടണം ചന്ദ്രന് പോകാൻ ദുഃഖം മാറിക്കിട്ടുമെങ്കിൽ ഇവരോധമില്ല പക്ഷേ കിട്ടില്ല ദുഃഖം കൂടുന്നു അതിനുവെച്ചാൽ ചന്ദ്രനിപ്പോയി ഒന്നും കിട്ടിയില്ല കാര്യമായി ഇനി ചൊവ്വായിൽ പോയാൽ കിട്ടിയേക്കും വളരെ നല്ലത് അതാണ് ദുഃഖം കൂടുന്നു പിന്നെ അതിനുള്ള ശ്രമങ്ങളായി ഇതൊന്നും വേണ്ടയെന്ന് പറയുക ഒരിക്കലും സാധ്യമല്ല ഇത് വേണ്ടതാക്കാനും സാധ്യമല്ല ഇതൊക്കെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും ലോകത്തുള്ള എല്ലാവരും എന്നും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും സത്യം വെളിപ്പെടാൻ പോകുന്നില്ല അക്കാര്യം വേദാന്തം പെരുമ്പറ അടിച്ച് ഘോഷിക്കുന്നു അപ്പോൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന പോരാ ഇതിൽ സംശയം വല്ലതുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇവിടെ എഴുതി കൊടുക്കുക ജഡം ബോധം സാഖ്യബുദ്ധി ജഡം ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ പോലും ഇല്ല പിന്നെ തോന്നുന്ന ഗവസ് അത് സ്വപ്നം കാണും പോലെ ഇല്ലാത്തതുകൊണ്ട് എന്ന് തോന്നുന്നില്ലേ മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ ഒരു തുള്ളി വെള്ളമില്ല ഇല്ലാത്തതുകൊണ്ട് എന്ത് തോന്നുന്നില്ലയേ അത് ശരി അല്ല ഇതൊക്കെ ചിന്തിച്ചു നോക്കണം ഇത് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ യുക്തികളെ നിഷേധിക്കാൻ പറ്റുമോ എന്ന് ഇനി കുറച്ച് ദിവസം നോക്കണം എങ്കിൽ ഇവിടെ എഴുതി തന്നാൽ ആ ശ്ലോകം ആ യുക്തി ഒക്കുക ആയിരമായിരം കൊല്ലങ്ങളായി നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടെത്തി ഇതി കണ്ടെത്തിയ യുക്തിയാണത് ഇതി വേദാന്ത ഡിണ്ടി മഹാ ഇത് വേദാന്തത്തിൻ്റെ പെരുമ്പറഘോഷമാണ് എന്നത് ദൃഗ്ദൃശ്യവും ധോ പദാർത്ഥവ്യവസ്ഥ പരസ്പരവിലും ദൃഗ്ബ്രഹ്മ ദൃശ്യം മായ ഇത് വേദാന്ത ഡിണ്ടി മഹാൻ ഈ ഇതിൽ മനസ്സിലാക്കാനെന്തരിക്കുന്നു നമ്മിലൊക്കെ തന്നെ ഉണ്ട് ഈ ശരീരം മനസ്സ് പ്രാണനുൾപ്പെടെ ദൃശ്യം അതിനനുഭവിക്കുന്ന ജീവൻ ഞാൻ ഞാനെന്ന ബോധം അത് സത്യം ബാക്കിയെല്ലാം ദൃശ്യം ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ സാങ്ക്യബുദ്ധി ഉറപ്പായ ഉറപ്പായില്ലെങ്കിലും സംശയിക്കാൻ സാധ്യമല്ല ഈ സാഖ്യബുദ്ധിയെ അവലംബമാക്കുകയും മനസ്സിൻ്റെ സമസ്ഥിതി നേടണം ഈ പ്രപഞ്ചത്തിൽപ്പെട്ടിരിക്കുന്ന മനസ്സ് വിഷമസ്ഥിതിയിലാണ് സമസ്ഥിതി നേടണം സമസ്ഥിതി എന്ന് വെച്ചാൽ ദുഃഖം വരരുത് ഈ സാഖ്യബുദ്ധി തന്നെ സമസ്ഥിതി നേടാൻ വളരെ ഉപകരിക്കും അപ്പം എവിടെയാണ് നമ്മളെ ദുഃഖിക്കുന്നത് ഒരാൾ മരിച്ചുപോയി അയ്യോ ടി വിയിലൊക്കെ നോക്കിയാൽ മതി ഇന്നും ഓരോരുത്തരും മരിക്കുന്നു എന്തൊരു ദുഃഖമാണ് രണ്ട് ദിവസത്തേക്ക് എന്താ കാര്യം ഈ മരിച്ച ശരീരം അങ്ങനെ കിടക്കുകയാണ് ഇത്ര ഈ ശരീരം ഇല്ലാത്തത് ഇല്ലാത്തത് അതിന് മരിക്കാനൊന്നും നോക്കില്ല അത് ജനിച്ചിട്ടുമില്ല ഒരു തോന്നൽ അപ്പം പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത് അർജുൻ അർജുനോട് ഭഗവാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതാണ് ഇതാണ് സാഖ്യബുദ്ധി ഇപ്പോൾ സാഖ്യബുദ്ധി ഉറപ്പ് വന്നാൽ തന്നെ സമസ്ഥിതി ക്രമേണ വരും സമസ്ഥിതി എന്ന് വെച്ചാൽ ദുഃഖം ഇല്ലാത്ത രാഗദ്വേഷങ്ങളില്ലാത്ത ഈ ശരീരമൊക്കെ മരിക്കുന്നതാണെങ്കിൽ അതിനോട് ഇത്ര രാഗം എന്താ എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനോ അതൊക്കെ നടക്കട്ടെ പക്ഷേ ഇല്ലാതെ ഇല്ലാത്തോണ്ട് അതിനെക്കുറിച്ച് ദുഃഖിക്കരുത് ബാക്കി എന്ത് വേണോ ചെയ്തോളൂ രോഗം വന്നാൽ ശിശുഖിക്കണം അപ്പോൾ ഭഗവാൻ പറയുന്നത് യോഗം ഈ സാങ്ക്യബുദ്ധി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ഇനി കർമ്മത്തിലുടനീളം യോഗം അഭ്യസിക്കണം എന്താ യോഗം മനസ്സിൻ്റെ സമനല്ല എന്നുവെച്ചാൽ ഒരിക്കലും മനസ്സ് സന്തോഷം കൊണ്ടുപോലും ഇളകി മറിയരുത് മനസ്സിന് ഈ ഇളകി മറിയുന്നതാണ് അതിൻ്റെ സ്വഭാവം സന്തോഷം വന്നാൽ അങ്ങോട്ട് ഇളകി മറിയുക ഇവിടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ടി വി ഒക്കെ ഉണ്ടല്ലോ നോക്കണം ഒരു ക്രിക്കറ്റുകളിൽ ഒരു എന്താ റൺ കിട്ടിയാൽ മതി എന്തൊരു ഇളകി മറിച്ചിലാണ് എന്ത് കിട്ടി ആർക്കെന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അതൊന്നും ദോഷമല്ല അതൊക്കെ വേണം ഒന്ന് ഇളകി മറിഞ്ഞാലും വേണ്ടില്ല ഇല്ലാത്തതാണെന്ന് ഓർമ്മിച്ചോളും അപ്പോൾ വീട്ടിലെത്തും മുമ്പ് ആ ഇളകി മറിച്ചിൽ തീരും അപ്പം ഈ ഇല്ലാത്തതാണ് എന്ന സാഖ്യബുദ്ധി ഉറപ്പ് വന്നാൽ തന്നെ യോഗബുദ്ധി സ്വാഭാവികമായി വരും യോഗബുദ്ധി എന്ന് വെച്ചാൽ സമനല്ല യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്ക് ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഇതാണ് ഗീതയിലെ യോഗം നമ്മളീ പറയുന്ന ആസനപ്രാണൊന്നുമല്ല ഗീതയിലെ യോഗം സിദ്ധ്യസിദ്ധ്യോ സമഭൂത്വ ജയത്തിലായാലും പരാജയത്തിലായാലും മനസ്സിനെ സമനിലയിൽ നിർത്തണം ജയത്തിലായാലും തുള്ളിച്ചാടണ്ട പരാജയത്തിലായാലും കണ്ണുനീർ വാർത്ത കരയുണ്ട് ഇതൊക്കെ ഒരു നേരം പോക്ക് നടക്കട്ടെ ഇവിടുന്ന് ഓടിക്കളയെയും വേണ്ട ഗംഭീരമായിട്ട് പ്രവർത്തിക്കുക എന്താ വേണ്ടത് വാസ്തവത്തി ഇതൊന്നും ഇതൊന്ന് ശരിക്കും സ്വാംശീകരിക്കാമെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം അങ്ങേറ്റം വിജയമാവും ഒന്നിൽ നിന്ന് ഓടി ഒളിക്കുന്ന പ്രശ്നമില്ല യുദ്ധത്തിൽ നിന്ന് പോലും അർജുന ഓടി ഒളിക്കരുത് പക്ഷേ യുദ്ധസ്വ വിഗതജ്വര ജ്വരമില്ലാതെ ടെൻഷൻ ജ്വരം എന്ന് സംസ്കൃതത്തിലെ ജലശബ്ദത്തിനർത്ഥം ടെൻഷൻ ടെൻഷനില്ലാതെ യുദ്ധം ചെയ്യൂ സാറ് അങ്ങനെ ടെൻഷനില്ലാതെയൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുമോ അല്ല പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ഇപ്പോഴേ ശ്രമിച്ചു നോക്കണം എന്താ ആരെയും കൊല്ലുന്നില്ല ആരും കൊല്ലപ്പെടുന്നില്ല ഇവിടെ ആകെ രണ്ട് വസ്തുക്കൾ സാഖ്യബുദ്ധി രണ്ട് വസ്തുക്കളേ ഉള്ളൂ ജഡം ബോധം ജഡം ഇല്ലാത്തത് ബോധം ഉള്ളത് ഇല്ലാത്ത ജഡത്തെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല ഉള്ള ബോധത്തെ ആർക്കും ഒരു തരത്തിലും കേടുവരുത്താൻ പറ്റുകയുമില്ല നൈനം ചിന്തന് ശസ്ത്രാണി നൈനം ദഹതി പാവക ന ജൈണം ക്ലേദയന്യാപോ ന ശോഷയത്തി മാരുത്ത ആ ബോധത്തെ ആരും നയനം ചിന്ത നി ശസ്ത്രേ ആയുധത്തിന് മുറിപ്പെടുത്താൻ സാധ്യമല്ല നയനം ദഹത്തി പാവക്ക അഗ്നി കൊണ്ട് എരിച്ചു കളയാൻ പറ്റില്ല ആ അഗ്നി ഒന്നും അതിൻ്റെ അടുത്തത്തില്ല അഗ്നി പോലും ആ ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ആ ഭ്രമത്തിന് ആ വസ്തുവിനെ വലതും ചെയ്യാൻ നോക്കുമോ കയറിൽ കാണുന്ന പാമ്പിൻ കയറിനെ വിഷലിപ്തമാക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല അതുപോല അവ നയനും ദഹതി പാവക ന ജയനും ക്ഷേദയൻ ദേവോ ഇതിനെ വെള്ളം നനയ്ക്കുന്നില്ല ശശോഷയത്തി മാരുത്ത കാറ്റ് അതിനെ ഉണക്കുന്നില്ല ഭഗവാൻ അത്രയും പറഞ്ഞിട്ട് മതിയായില്ല എന്നുവെച്ചാൽ ഈ അർജുനൻ അത് ഒക്കെ പറഞ്ഞാൽ പിടികിട്ടുപോന്നുവെച്ചാൽ വീണ്ടും ചുരുക്കി പറയുന്നു അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യയേവച നിത്യ അത് നിത്യമാണ് സർവഗത്വ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു കൃഷ്ണനെ വിശ്വസിക്കാമെങ്കിൽ ഇത് വിശ്വസിച്ച് ആ സത്യം ആ ബോധം ആ ബ്രഹ്മം ബോധംന്ന് ബ്രഹ്മം ്രഹ്മം നിത്യസർവത സ്ഥാണു സ്ഥിരം അതിനൊരു ചലനവുമില്ല ആനന്ദസ്വരൂപം പിന്നെ സംശയം അറേ ഇത് കിട്ടിയാൽ ഇത് സദാ ആനന്ദം ആനന്ദത്തിനു വേണ്ടിയല്ലേ സകലകർമ്മവും ചെയ്യുന്നത് അല്പം രാഗദ്വേഷങ്ങളെ മാറ്റി നോക്കൂ അപ്പോൾ തന്നെ ഉള്ളിൽ എന്ത് സുഖം വാസ്തവത്തിൽ ഇത് വെറുതെ കേട്ടുകൊണ്ട് പോയാൽ പോരാ ശ്രമിച്ച് നോക്കണം ഞാൻ ശ്രമിച്ചു നോക്കി അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് നല്ല സുഖം വയസ്സൊക്കെ ഒരുപാടായി സുഖം ഇട എപ്പോഴും ചിരിക്കാൻ തോന്നുന്നു വീട്ടിലായ ഈ ഓരോരുത്തരുടെ ദുഃഖ ഈ രാഷ്ട്രീയത്തിലും ലോകമെമ്പോടും ഇപ്പം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ദുഃഖം തന്നെ ലോകത്തി അമേരിക്ക എന്താ സമ്പത്തിൻ്റെ അങ്ങേറ്റത്തെ രാജ്യം ഈ ഭഗവാനോട് ആർക്ക് എന്ത് ചെയ്യാനൊക്കെ ഇന്ന് ഏറ്റവും ക്ലേശിക്കുന്ന രാജ്യം അമേരിക്ക ബാങ്കുകളെല്ലാം എന്താ പോപ്പർ ഹർജി കൊടുക്കും കമ്പനികളെല്ലാം പൊളിയുന്നു അനേകം പേർ തൊഴിൽ രഹിതരായി പുറത്തു ചാടുന്നു പരിഹരിക്കാൻ പല മാർഗങ്ങളും നോക്കുന്നു കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഇതേത് രാജ്യത്തിനാണ് ഒരിക്കലും സമ്പത്തിന് കുറവ് വരില്ല എന്നഭിമാനിച്ചിരുന്ന എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്ന രാജ്യം അമേരിക്ക ഞാൻ അമേരിക്കയെ കുറ്റം പറയുകയോ അങ്ങനെ ഒന്നുമല്ല പക്ഷെ അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ഇത് വന്നു അമേരിക്കയ്ക്ക് ഇത് വന്നപ്പോഴോ എല്ലാ രാജ്യങ്ങളിലും ഏറെക്കുറയാതെ തന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ആരോട് ചോദിക്കാൻ ഈ ഈ പ്രപഞ്ച നാടകം നടിക്കുന്ന ആൾ നാരദൻ പറയും ഈശസ്യഹി വശേ ലോകോ സാറേ അതേത് ഈശൻ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലെങ്കിലും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നിച്ച് കളിക്കാൻ നിശ്ചയമായിട്ടും ഒരാൾ ആളല്ലെങ്കിലൊരു ശക്തി കൂടിയില്ലേ തീരു െന്ന് വെച്ചുണ്ടാവുക അതിങ്ങനെ കളിക്കുന്നു ഇന്ന് തുടങ്ങിയ കളിയല്ല എന്ന് തുടങ്ങിയെന്ന് നിശ്ചയമില്ല ഒന്നും രണ്ടും ഭൂമിയോ സൂര്യനോ ഒന്നുമല്ല അനന്ത കൂടി സൂര്യന്മാർ ഭൂമികൾ എന്തായാലും ഞാൻ എന്തിനാ വർത്തിച്ച് പറയുന്നു ഈ സത്യം ഓർമ്മിക്കുക ദുഃഖം വരുമ്പോൾ ഈ സത്യം ഓർമ്മിക്കുക ആറുകൾ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി കരയാൻ ഭാവിക്കുമ്പോൾ ഈ സത്യം ഓർമ്മിക്കുക ആരെക്കുറിച്ചാണ് കരയുന്നത് മരിച്ചു പോയ ആര് ആരും നിശ്ചയമില്ല ഈ ശരീരം വിട്ടുപോയത് ആരാണ് ഒരു നിശ്ചയവുമില്ല ശരീരം അവിടെ കിടക്കുന്നുണ്ട് അവിടെയാണ് ചില ചിലർ കുറ്റം പറയും ബാല്യ മരിച്ചു കിടക്കുകയാണ് താര ഭാര്യ ഒന്ന് നെഞ്ചിലടിച്ച് കരയുന്നു രാമൻ ചോദിക്കുന്നു താരേ നിന്നോടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നെ പരമാർത്ഥം എന്നോട് ചൊല്ലുക ഇത് വായിച്ചിട്ട് ചിലർ പറയുന്നു അവിടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു ഉടനെ ചോദിക്കുന്നു നിൻ്റെ ഭർത്താവ് എന്തൊരനാവശ്യമാണിത് അങ്ങനെയൊക്കെ ചോദിക്കാമോ സാർ ചോദിക്കണമെങ്കിൽ വേണ്ട പിള്ളേർക്കായിപ്പോൾ അത്യാവശ്യം എന്തായാലും രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ തന്നെ എഴുത്തച്ഛൻ്റെ വാക്കുകളിൽ ഇതാ നിങ്ങളുടെ ഭർത്താവ് ദേഹമോ ജീവനോ അല്ല ദേഹമാണെങ്കിൽ താരെ ഇതാ കിടപ്പുണ്ടല്ലോ നീ ഇനി എന്തിനാ കരയുന്നത് ജീവനാണെങ്കിൽ അതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല അത് ബോധമാണ് ബ്രഹ്മമാണ് അതിനൊന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല നീ കരയേണ്ട കാര്യമില്ല ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്കും നമ്മുടെ ഒരാൾ എന്നുവെച്ചാൽ യോഗബുദ്ധി മനസ്സിൻ്റെ സമനില മനസ്സിൻ്റെ സമനില നിർത്തണം വിഷാദം അർജുനന് വന്നതുപോലെ ഒരു വിഷാദം വരരുത് അമ്പും മില്ലുമൊക്കെ എൻ്റെ കയ്യിൽ നാം താഴെ പോകുന്നു കൃഷ്ണ ഞാനെന്താണ് ചെയ്യേണ്ടത് എൻ്റെ ശരീരമൊക്കെ വേദനിക്കുന്നു ആരാ ലോകത്ത് മുഴുവൻ ജയിക്കാൻ കഴിവുള്ള കൃഷ് അർജുനൻ അർജുനനാണ് ഈ പറയുന്നത് അത് വരരുത് സാറേ ഇതൊക്കെ പറഞ്ഞാലും വന്നു പോകുന്നല്ലോ സാറേ ഒരാൾമാരിക്കുന്നു സോക്കടായിട്ട് കരച്ചിൽ വന്നു പോകുന്നല്ലോ അതിനാണിത് പറയുന്നത് ഈ ഈ സത്യം ഉൾക്കൊള്ളുമോ കുറേശെ പരിശ്രമിക്കുമോ അല്ലാതെ വെറുതെ ഇരുന്നാൽ പറ്റുമോ പരിശ്രമിക്കണം ഭഗവാൻ തന്നെ പറയുന്നു അഭ്യാസേന തു കൗത്തേ വൈരാഗ്യേണ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും വശപ്പെടുത്താൻ ശ്രമിക്കൂ അർജുന അപ്പോൾ സമബുദ്ധി ഇതാണ് യോഗം രാഗദ്വേഷങ്ങളിൽ പെട്ട ഉഴലുന്ന വിഷമസ്ഥിതിയിലെ മനസ്സിനെ സമസ്ഥിതിയിൽ എത്തിക്കുക അതിനെന്താ മാർഗം സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും മനസ്സിനെ നല്ല കർശനമായിട്ട് പഠിപ്പിക്കുക ഇത് സത്യമാണോ വേറൊന്നുകൊണ്ടും ഒക്കെ ഇല്ല മറ്റൊക്കെ ചെയ്തോളുക എല്ലാം വേണമെങ്കിൽ കോവിലിൽ ഈ നാട്ടിലുള്ള എല്ലാ കോവിലും ഇറങ്ങി നടന്ന് പൂജിച്ചോളുക പക്ഷേ ശ്രദ്ധിച്ചോളുക ദുഃഖം കുറയുന്നുണ്ടോ പൂജിക്കുന്നു വീട്ട് വരുമ്പോൾ ഒരാൾ കഠിന രോഗത്തിൽ കിടക്കുകയാണ് ഇന്നലത്തെ ഇന്നും ഇന്ന് ദുഃഖം കുറഞ്ഞോ ഒരു വിരോധവും ഇല്ല കുറയില്ല തീർച്ചയായിട്ടും കുറയാൻ സാധ്യമല്ല ആ പൂജിക്കുന്നതിനൊന്നും ഒരു ദോഷവും ഇല്ല അത് പൂജിക്കരുതെന്നോ കോരുതെന്നോ ഒന്നും അല്ല ഈ ഈ പൂജിക്കരുതെന്നോ കോവില് പറഞ്ഞാൽ ഇതൊക്കെ കർമ്മമാണ് കർമ്മം അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നാളെ മുതൽ വീട്ടിൽ പാചകം ചെയ്യരുത് പിന്നെന്താ സാങ്കുദ്ധി അങ്ങനെ ഒന്നും ഒരു ഏതാ പാചകം ചെയ്യുമ്പോഴും ഇത് ഓർമ്മിച്ചോളുക ഇതൊരു നേരം പോക്കാണ് കർമ്മം കർമ്മം മുഴുവൻ ഒരു നേരം പോക്കാണ് കർമ്മം ജഡമാണ് ബ്രഹ്മം ബോധം ഇങ്ങനെ രണ്ട് പദാർത്ഥങ്ങളെ ഇവിടുള്ളൂ ആ കർമ്മത്തിൽ എങ്ങനെ നോക്ക് ശാന്തി കണ്ടെത്താം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് സത്യമറിയാതെ ഒരിക്കലും ശാന്തി കിട്ടാൻ പോകുന്നില്ല ആർക്കും എന്തായാലും ഈ സമബുദ്ധി ശീലിക്കുക നമ്മളെ നമ്മളൊക്കെ ഇതൊക്കെ ഈ ഈ ലോകകാര്യങ്ങൾ നടത്തുമ്പോൾ തന്നെ പറ്റുമോ സാർ എത്ര എത്ര പേരാണ് ജനകനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ജനകൻ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ രാജ്യം ഭരിച്ച മിഥിലാരാജ്യത്തിലെ ചക്രവർത്തി ജനകൻ ഗംഭീരമായ രാജ്യഭാരം അതിഗംഭീരമായി നടത്തി ആ ജനകൻ്റെ അടുത്ത് പോയാണ് വ്യാസപുത്രനായ ശുക്കൻ ഒടുവിൽ സംശയം വരുത്തിയത് ആ ജനകൻ്റെ കഥയുണ്ട് വാസിഷ്ടത്തിലും മറ്റും ജനകൻ നല്ല കാലത്ത് രാജ്യഭാരമേറ്റു ഗംഭീരമായി രാജ്യം ഭരിക്കുന്നു ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു അല്ല ഞാനിങ്ങനെ രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എത്ര കാലത്തേക്ക് ഏ അതെന്താ എത്ര കാലത്തേക്കെന്ന് വെച്ചാൽ കോടയോ ബ്രഹ്മണാം യാത്ര ംസുവദ്ഭൂപാഹ കറും മമ ജീവിതത്തെ ജനകൻ വിചാരിക്കുകയാണ് കോടയോ ബ്രഹ്മണോം യാത്ര കോടിക്കണക്കിന് ബ്രഹ്മാക്കൾ വന്നു പോയി എന്ന് തുടങ്ങിയത് ഈ കാലം അന്ന് മുതൽ ഇന്നു വരാൻ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെങ്കിൽ കോടിക്ക് ഒരു ബ്രഹ്മാണ്ടം പോകുമ്പോൾ ഒരു ബ്രഹ്മാവ് അല്ല ബ്രഹ്മാവ് ഒന്നല്ലേ ഉള്ളു സർ ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ ബ്രഹ്മാവ് ബ്രഹ്മാവ് പറഞ്ഞാൽ കോസ്മിക് മൈൻഡാണ് വിശ്വമനസ് ആ മനസ്സ് ഓരോ ബ്രഹ്മാണ്ടത്തിനും ഓരോ വിശ്വമനസ്സുണ്ടാവാം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെങ്കിൽ അനന്ത കോടി വിശ്വമനസ്സുകൾ ഉണ്ടാവാം എത്ര കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായി നശിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രഹ്മാണ്ടം തന്നെ വാസ്തവത്തെ പണ്ടത്തെ ഇതിനേക്കാൾ പ്രകൃതിയെ ഒക്കെ ക്ഷോഭിച്ചിരിക്കുക പ്രളയത്തിൻ്റെ കാലമോ മറ്റോ ആയോ ഭൂമിക്ക് സംശയിക്കേണ്ടിയിരുന്നു പേടിക്കരുത് ഒന്നുമില്ല ഭൂമിയല്ല ഒന്നുമില്ല പേടിക്കരുത് ഇത് ഞാൻ പറയുന്നതല്ല കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു സമുദ്രം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അനേകം ദ്വീപങ്ങൾ ദ്വീപുകളും മറ്റും അധികം താമസിയാതെ സമുദ്രത്തിനടിയിലാവും ശാസ്ത്രജ്ഞന്റെ കണ് ഇന്നത്തെ നിഗമനമാണ് അങ്ങനെ സമുദ്രം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഇന്ത്യയും ചൈനയും ഒന്നും അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഒരു സുനാമിയൊക്കെ ഈ അടുത്ത കാലത്തല്ല കാര്യം പ്രതീക്ഷിക്കാതെയാണ് ഈ സമുദ്രമൊക്കെ ഇങ്ങോട്ട് കയറുന്നത് അല്ല സാർ അങ്ങനെ കയറുമോ സമുദ്രം ഇതാർക്കറിയാൻ എന്തായി സമുദ്രം ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പൊക്കെ ഒരിടത്ത് സമുദ്രത്തിൻ്റെ കരയിൽ ചെന്ന് ഞാൻ നോക്കിയിട്ട് എടാ എന്തോന്നായി ഈ സമുദ്രം ഈ സമുദ്രത്തിലെ വെള്ളം എവിടെ നിന്ന് വന്നു അല്ലാതെ മഴ പെയ്തല്ലേ സാർ വെള്ളം കിട്ടും അതെങ്ങനെ സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് വേണ്ട മഴ പെയ്യാനും അപ്പോൾ മഴ പെയ്ത വെള്ളം കൊണ്ട് സമുദ്രം ഉണ്ടാകാനൊക്കില്ല അല്ലാതെ ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സാർ ഓക്സിജനും ഹൈഡ്രജനും ചേരുമ്പോൾ വെള്ളമുണ്ടാവും അത് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടായിട്ട് വേണ്ട വെള്ളം ഉണ്ടാവാൻ വെള്ളത്തിൽ നിന്ന് വേണ്ടത് ഓക്സിജനും ഹൈഡ്രജനും വിഷു ആകെ കുഴപ്പമാണ് അതുകൊണ്ടൊന്നും ഉത്തരവില്ല വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കുക എങ്ങനെ ഈ സമുദ്രം ഉണ്ടായി അല്ലെങ്കിൽ ആലോചിക്കേണ്ട അതൊക്കെ ആലോചിച്ചാൽ പ്രഷറും മറ്റും കൂടും അതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല യാതൊരു പ്രയോജനം ഈതൊരു ഇന്ദ്രജാലം അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരാലോചിച്ച് ആലോചിച്ചിട്ട് അവർ പറയുന്നു സ്വപ്ന ഇന്ദ്രജാല സദൃശം ഒന്ന് സ്വപ്നം ഇന്ദ്രജാല സദൃശം അല്ലെങ്കിൽ ഇന്ദ്രജാലം അചിന്തിയ രചനാത്മകം ഗംഭീരനായ ഒരു ചക്രവർത്തി വേദാന്തി ആയിട്ട് പറയുന്ന കാര്യമാണ് അചിന്ത്യ രചനാത്മകം ഇതെങ്ങനെ ഉണ്ടായി എന്തിനുണ്ടായി ആർക്കും കണ്ടുപിടിക്കാൻ സാധ്യമല്ല നമ്മളെ പണ്ടൊരു കവിത ഉണ്ടായിരുന്നു ഗഗനമെന്തൊരദ്ഭുതം സമുദ്രമെന്തുദ്ഭുതം പണ്ടൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു ഇന്ന് അതൊന്നും കാണാനില്ല അപ്പോൾ ഗഗനമെന്ന് ഈ ആകാശം സ്പേസ് എന്തോന്നാണ് ഈ സ്പേസ് എവിടെ തുടങ്ങി അല്ല സ്പേസ് ഉണ്ടോ സാർ അല്ല സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെവിടെ നിൽക്കുന്നത് എന്തോന്നാ ഈ സ്പേസ് എനിക്ക് ഈ സ്പേസ് സെൻ്ററിലുള്ള ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാരെക്ക് അത്യന്തം പരിചയക്കാരമാണ് അതാ നമ്മുടെ ബാബു സാർ തന്നെ വിളിപ്പം സ്പേസിൽ വലിയൊരു എഞ്ചിനീയറാണ് സ്പേസ് ശാസ്ത്രത്തിൽ ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചിട്ടുണ്ട് സാർ ഈ സ്പേസ് എന്താണ് അല്ല ഞങ്ങൾ സ്പേസിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു സ്പേസ് എന്താണ് എന്നൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അതി വളരെ സന്തോഷം എന്ന് വെച്ചാൽ ആലോചിച്ചാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ സ്പേസ് ഗഗനം എന്തൊരദ്ഭുതം സമുദ്രം എന്തൊരദ്ഭുതം സമുദ്രത്തിൻ്റെ കരയിലൊക്കെ ഞാനീ പറയുന്നതുകൊണ്ട് ഒന്നും അത്ഭുതപ്പെടണമെന്നല്ല ഇവിടെ ഈ വേദാന്തം പഠിച്ച ആൾക്ക് യാതൊന്നും അത്ഭുതപ്പെടാനല്ല ഇവിടെ ഒരൊറ്റ വസ്തുവേ ഉള്ളൂ ബോധതത്വം എവിടെയും നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നു അതിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് ജനിച്ചതല്ല ജീർണിക്കുന്നതല്ല അത് മരിക്കുന്നതല്ല അത് ആനന്ദസ്വരൂപം അതിൻ്റെ പേരാണ് ബ്രഹ്മം അല്ല സാറേ ഈ ബ്രഹ്മത്തെക്കുറിച്ചൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല അപ്പം പിന്നെ ഈ എന്തു പറയട്ടെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൃഷ്ണനുണ്ടല്ലോ ഗീതയിൽ മുഴുവൻ പറയുന്നത് ഞാൻ ബ്രഹ്മമാണെന്നാണ് ആദിഷ്ടമധ്യൻച്ച ഭൂതാനാം അന്തയെ വച്ച എന്നില്ലെന്നാണ് ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായത് അഹം ആദിചമധ്യിച്ച ഈ ജഗത്തിൻ്റെ ആദിയും മധ്യവും അല്ല വസുദേവ പുത്രനായ കൃഷ്ണൻ ഈ ജഗത്തിൻ്റെ ആദി ആ ഇത് എപ്പോഴാണ് ബ്രഹ്മമായിരിക്കുന്നത് ബ്രഹ്മം അതുകൊണ്ട് ഇതൊക്കെ കൂടെ മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ കണ്ണുമുടച്ച് നമുക്ക് ബ്രഹ്മേണ്ട നമുക്ക് എൻ്റെ കൂടെ ഈ അടുത്ത കാലത്തും മറ്റും കൃഷ്ണനെ നിശ്ചയമായിട്ടും ഭജിച്ചുകൊടുക്കുക മനസ്സിൻ്റെ ഏകാഗ്രത കിട്ടാൻ പക്ഷേ കൃഷ്ണനാർ ആ ഭട്ടചരിപ്പാട് നാരായണീയത്തിൻ്റെ ആദ്യം പറയുന്നു അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാസ്പദം ബ്രഹ്മതത്വം തത്താവത്ഭാത്തി ഗുരുഭവനപുരേ അപ്പോൾ കൃഷ്ണനെ ഓർമ്മിക്കുമ്പോൾ ബ്രഹ്മത്തെക്കൂടെ ഓർമ്മിക്കുക ദേവിയെ ഓർമ്മിക്കുമ്പോൾ ബ്രഹ്മത്തെക്കൂടെ ഓർമ്മിച്ചോളുക ആ ബ്രഹ്മം നമുക്ക് പിടികെട്ടുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഉപനിഷ തുരുഷന്മാർ പറയുന്നു സർവത്ര നിറഞ്ഞിരിക്കുന്നു അജോ നിത്യശാശ്വതോയം പുരാണോ അജനാണ് ഗീതം ശാശ്വതോയം ഒരിക്കലും അതിന് കേടില്ല പുരാണ പണ്ടേ ഉള്ളതാണ് ദ ഹന്യത്തെ ഹന്യമാനെ ശരീരയെ തീർത്തു പറഞ്ഞു ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ആ ബ്രഹ്മത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല ഇത് നമ്മുടെ കൊച്ചു ഗുരുവായൂർപ്പനാണേ പറയുന്നത് എന്താ വിശ്വസിക്കാമോ നമ്മുടെ നമ്മളൊക്കെ അതാണ് നമ്മുടെ ബന്ധുക്കളൊക്കെ അതാണ് ഇമ്മശയും കസേരയും പോലും അതാണ് അങ്ങനെയാണെങ്കിൽ കരയേണ്ട കാര്യമുണ്ടോ അടുത്ത ചോദ്യം അതാണ് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ അപ്പം ദുഃഖിക്കുന്നെങ്കിൽ എന്താ അർത്ഥം ഗീതമൊഴുക്ക വായിച്ചിട്ട് ദുഃഖിക്കുന്നെങ്കിൽ കൃഷ്ണനോട് യാതൊരു ബഹുമാനവുമില്ല എന്നാണ് അർത്ഥം ഗുരുവായൂരപ്പനി യുദ്ധക്കളത്തിൽ വെച്ച് പതിനെട്ട് അധ്യായങ്ങൾ എന്ന് പറഞ്ഞു കേൾപ്പിച്ചു അതൊന്നും കേൾക്കാതെ ഗീത വായിക്കുന്നു ഗീത പ്രഭാഷണം കേൾക്കുന്നു ഞാനീ പറയുന്നത് ഗീതയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ബുദ്ധിക്കെങ്കിലും പിടിച്ചെടുക്കാൻ ശ്രമിക്കുക അതാണീ പറഞ്ഞത് സാഖ്യബുദ്ധി യോഗബുദ്ധി മനസ്സിൻ്റെ സമനല്ല ആ സമനില്ല എന്നുള്ള വാക്ക് എഴുതിയിട്ടുള്ള വീട്ടിലായാലും ശരി പുറത്തായാലും ശരി സംഭവങ്ങൾ പലതും ഉണ്ടാകുന്നു ശ്രദ്ധിച്ചോളുക മനസ്സിൻ്റെ സമനില മനസ്സിനെ നമ്മുടെ മനസ്സിനെ വശത്താക്കുന്ന ഏർപ്പാടാണ് സമനില എന്ത് സംഭവിച്ചാലും ചാടി വീണ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്ന മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് എടോ നീ ചെയ്യാൻ പോകുന്നത് ആ ജഗതീശ്വരൻ ഇഷ്ടപ്പെട്ട കാര്യമാണോ ഒന്നാലോചിച്ചിട്ട് പുറത്തോട്ട് പോകും അത് മതി ആർക്കിഷ്ടപ്പെട്ട ജഗതീശ്വരനാണ് ജഗതീശ്വരനാണ് നമ്മൾക്കൊണ്ടിതൊക്കെ ചെയ്യിക്കുന്നത് ആ ജഗതീശ്വരന് നീ ചെയ്യാൻ പോകുന്ന കാര്യം ഇഷ്ടപ്പെട്ടതാണോ ഒരു നിമിഷം ഒന്ന് ആലോചിക്കൂ പിന്നീട് മതി ഇതാണ് ജനകൻ ആലോചിച്ചത് കോടിക്കണക്കിന് കോടയോ ബ്രഹ്മണോ യാത്രാ കോടിക്കണക്കിന് ബ്രഹ്മാക്കൾ വന്നു പോയി ഗതാ സ്വർഗപരമ്പര സ്വർഗപരമ്പര ഗത വന്നു പോയി പ്രയാതാ പാംസുവദ്ഭൂപാഹ പൊടിപടലം പോലെ ചക്രവർത്തിമാർ വന്നു കരഞ്ഞു വിളിച്ചു പോയി ഞാൻ ചരിത്രം വായിച്ചിട്ടുണ്ട് ഒരൊറ്റ ചക്രവർത്തിയും സന്തോഷത്തോടുകൂടി മരിച്ചതായിട്ട് ചരിത്രത്തിലൊരിടത്തും പറയുന്നില്ല ഒന്നിൽ മക്കൾ വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ അവർ ജയിലിലടയ്ക്കും നേരെ വെള്ളം പോലും കൊടുക്കില്ല ഇന്ത്യയിൽ ചില ചക്രവർത്തിമാരെ മക്കൾ ജയിലിലടച്ചിട്ട് ശുദ്ധജലം കുടിക്കാൻ പോലും കൊടുത്തില്ല എന്നാണ് അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് കരങ്ങൽ വെള്ളം കുടിച്ച് ജീവിതം അവസാനിപ്പിച്ചു അങ്ങനെ അതിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ ഈ തത്ത്വർമ്മയുണ്ടായിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഓർമ്മിക്കുന്നു ഇപ്പം ജയിലിൽ കിടക്കുന്നു സ്വല്പം കല കലങ്ങിയ വെള്ളമാണ് കിട്ടിയത് കുടിച്ചേ തീരൂ ഒന്നിൽ കുടിക്കേണ്ടത് ഈ കുടിച്ചേ തീരും സന്തോഷമായിട്ട് കുടിക്കും കണ്ണുനീർ വാർത്തു കുടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് മിക്ക ചക്രവർത്തിമാരും ഇങ്ങനെയാണ് ഇക്കാലത്തും അത് അതേ എക്കാലത്തത് അതേ ജനകൻ അതാലോചിച്ചു പ്രയാതാ പാംസുവദ്ഭൂപാഹ പൊടിപടലം പോലെ ഇങ്ങനെ ചക്രവർത്തിമാർ പോകുന്നു കാഗത്തിലും മമ ജീവിതത്തെ എൻ്റെ ഈ ജീവിതത്തിനെന്താണ് ഖത്തി അദ്ദേഹം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഉദ്യാനത്തിൽ ചുറ്റും ജനകൻ അപ്പോൾ ഒരു കുടിലിനകത്ത് നിന്ന് രണ്ട് സിദ്ധന്മാർ പരമസത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ ഒരു ആകാശത്തിൽ നിന്നും ഒരു പഴം വീഴും പോലെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വീണ് കെട്ടി എന്നാണ് ചിലർക്ക് അങ്ങനെ സംഭവിക്കാം എന്താണവർ ചർച്ച ചെയ്യുന്നത് ഓ ഈശ്വരൻ നമ്മുടെ ഉള്ളിലിരിക്കയല്ലേ കഷ്ടമനുഷ്യൻ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ വിട്ടിട്ട് പുറമേ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുകയല്ലേ വിസ്മൃത്യ ഹൃദ്ഗൃഹയച്ചയം പ്രയാമഭിവാഞ്ച്ഛന്തിഭം അദ്ദേഹം പറയുന്നത് ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ മറന്നിട്ട് ഞാൻ ഞാൻ ഈശ്വരനാണേ അതിനെ ഒന്ന് ശുദ്ധമാക്കിയാമോ ചെയ്യും ഇട അവനവനെ ഒന്ന് ശുദ്ധമാക്കാൻ ആർക്കും ഇഷ്ടമല്ല ഈ എന്ത് ചെയ്യാ ഞാൻ അത്ഭുതപ്പെടുകയാണോ അവസരത്തെ നിങ്ങളെന്തിനും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഞാനിന് അസൂയ വിദ്വേഷം രാഗം കിടന്ന് പെടയുകയാണ് പെടയുകയാണോ അയൽവക്കത്ത് ആളൊരു കാറ് വാങ്ങിച്ചു മാരുതി കാറ് നല്ല കയറി ഇപ്പോഴത്തെ ഇപ്പം ഇപ്പോഴത്തെ വീട്ടിൽ താമസിക്കുന്ന ആളിനെ രാത്രി പിടച്ചിലാണ് എന്താ കാര്യം അവരൊരു കാറ് വാങ്ങിച്ചു അതിന് നിങ്ങളെന്തിനാ പെടയിരുന്നു അല്ല എനിക്കില്ലല്ലോ കാറ് അല്ല നമുക്ക് പതുക്കെ വാങ്ങിക്കാം എന്തോ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല സാർ പിടച്ചിലാണ് ഇതിനാരെന്തു കുറ്റം പറയാൻ ഇതിന് ഗീത കണ്ണുമുടച്ച് വായിച്ചാൽ മാറും ഗീത വായിക്കണം വായിച്ചിട്ട് തീരുമാനിക്കണം അയൽവക്കത്തയാൾ കാർ വായിച്ചു കാലത്തേണേൻ്റെ അങ്ങ് കൊണ്ടെല്ലാം സ്നേഹിത വളരെ സന്തോഷം പതഞ്ജലി പറയുന്നു സന്തോഷിക്കണം അദ്ദേഹത്തോട് കൂട്ടുകൂടണം കൂടിയാൽ ഫലമെന്താ നമ്മുടെ വീട്ടിലൊരാളിന് സോക്കേട് വന്നാൽ അയൽവക്കത്ത് കാറുണ്ട് വേഗം ഓടി ചെന്ന സ്നേഹിത ഒന്ന് ആശുപത്രി ഇതോ അന്നുമങ്കിൽ വിരോധമാണ് കണ്ടാൽ മിണ്ടില്ല വീട്ടിലൊരാൾ വേദന എടുത്ത് പിളയും ആശുപത്രി കൊണ്ടുപോകണം അടുത്തെങ്ങും ടാക്സി ഇല്ലാതാനും അയൽവക്കത്ത് കാറ് കിടക്കണു അദ്ദേഹത്തോട് ചോദിക്കാനോ കാരണം അദ്ദേഹം ശത്രുവാണ് എന്താ ശത്രു അങ്ങനെ ഒരു കാറ് മേടിച്ചു ഇതാണ് നമ്മുടെ ദുഃഖം ഈ ദുഃഖമൊന്നും അറിയാത്ത രാഭകൽ ദുഃഖിക്കുന്നതുകൊണ്ട് വിശേഷമില്ല അവിടെയൊക്കെ മനസ്സിൻ്റെ സമ നല്ല ഉള്ളിലുള്ള ഈശ്വരനെ ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് കൊല്ലരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചാവില്ല പക്ഷെ മറച്ചു കളയുക എന്തിനാത് ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് പറയുകയാണ് എന്തൊരു സ്വസ്ഥത ഉള്ളില്ല പരമാർത്ഥത്തിൽ ഒന്നിനോടും വിശേഷിച്ച് വിശേഷിച്ചൊരു അറ്റാച്ച്മെൻറ്റുമില്ല ഹേറ്റഡുമില്ല എല്ലാം എന്താ കാര്യം എല്ലാം ഈശ്വരൻ എല്ലാം ബ്രഹ്മം ഞാനും ബ്രഹ്മം കാണുന്നത് മുഴുവൻ ബ്രഹ്മം രേ സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം അല്ല സദാശിവ ബ്രഹ്മേന്ദ്രൻ പാടിയതാണ് അദ്ദേഹത്തിന് ദേഷ്യം തോന്നി കേട്ടാ ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യമുള്ളപ്പോൾ ഇവരാരും ഇത് അംഗീകരിക്കുന്നില്ലല്ലോ ഇപ്പം ബ്രഹ്മം തന്നെ വേണമെന്നില്ല കാണുന്നതൊക്കെ കൃഷ്ണൻ എന്ന് ഹരിച്ചാൽ ചെയ്യും കാണുന്നതൊക്കെ ദേവി ഈശ്വരനാണോ ഈ കാണുന്നതൊക്കെ ആ ഈശ്വരനാണ് അപ്പോൾ അതുകൊണ്ടാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ രേ രേ എടോ എടോ എടോ എന്തിനാടോ കിടന്നിങ്ങനെ ഒട്ടം കറങ്ങുന്നത് സർവം ബ്രഹ്മമയം കിംഭോക്തവ്യം കിം അഭോക്തവ്യം സർവം ബ്രഹ്മമയം ആ പാട്ടൊക്കെ ഒന്ന് കാണാതെ പിടിച്ച് ചൊല്ലുക അത് ജീവിതത്തിൽ നടപ്പാക്കുക ഒരു പ്രയാസവും ഇല്ല ആരോടും പറയണ്ട ചില രഹസ്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഈശ്വരമയം ബ്രഹ്മമയം ഉള്ളിൽ ഓർമ്മിക്കുക അടുക്കളയിൽ കയറുമ്പോൾ കാപ്പി എന്ത് കാപ്പിപ്പൊടിയായാലും ബ്രഹ്മം ഓർമ്മിക്കുക സാറെ കാപ്പിപ്പൊടി ബ്രഹ്മം എന്ന് ഓർമ്മിക്കുക പിന്നെ വേറെ എന്തൊന്ന് ആ കാപ്പിപ്പൊടിയുടെ രൂപം കൊണ്ടിരിക്കുന്ന വസ്തു അന്തിമമായി എന്താണ് ബോധത്തിലെ ഒരു തോന്നൽ ഒരു രൂപം അതുകൊണ്ട് അതിലൊന്നും സംശയിക്കണ്ട എല്ലാം ബ്രഹ്മമയം യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ഞാനിത് വെറുതെ പറയുകയല്ല ഞാൻ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് എല്ലാം ബ്രഹ്മമയം സാ പരമസുഖം ഈ മനസ്സിനെ ഇത് പറഞ്ഞ് ആ മനസ്സിനെ സമനില പഠിപ്പിക്കുക ഏത് ചുറ്റുപാടിലും ഇട ഇതൊക്കെ ബ്രഹ്മമാണ് ഇളകി മറിയണ്ട ഇളകിമറിയാനും ഇവിടെ ഒന്നുമില്ല അല്ല അങ്ങനെയാൽ നമുക്ക് ഇപ്പോൾ കുറച്ച് പണം കിട്ടി സന്തോഷിക്കണ്ടേ സാർ ഈ സമനില വരാമെങ്കിൽ നിരന്തര സന്തോഷം ഒന്നുകൊണ്ടും നഷ്ടപ്പെടാത്ത അതിരറ്റ പ്രസാദം കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസാദം രാഗദ്വേഷ വിഷയാനിന്ദ്രിയശ്വരം ആത്മവശ്യ വിധയാത്മാ പ്രസാദമധിക ആ പ്രസാദമാണ് ഈ സന്തോഷം ആ പ്രസാദത്തിന് ഉള്ളിൽ നിന്ന് വരുന്ന ഈ പ്രസാദത്തിന് എന്താ വിശേഷം പ്രസാദയെ ഞാൻ പറയണ്ടല്ലോ സർവദുഖാനം ഹാനി പോരെ പ്രസാദയെ സർവദുഃഖാനാം ഹാനി സകല ദുഃഖങ്ങളും തീരും വേറൊന്നും വേണ്ട നാല് കാശ് ചിലവില്ല വേണമെങ്കിൽ ഈ ചിലവാക്കി പൂജ നടത്തിക്കൊള്ളുക ഒരു രൂപവും ഇല്ല പക്ഷേ ഇതിന് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കണം എല്ലാം ഈശ്വരമയം എന്നുറപ്പുവരുത്തണം എല്ലാം ഈശ്വരമയം ഉറപ്പുവരുത്തിയാൽ സമബുദ്ധി ബുദ്ധി അതാണ് യോഗബുദ്ധി സാങ്കിബുദ്ധി നമ്മൾ മനസ്സിലാക്കി പദാർത്ഥങ്ങളെ വിഭജിച്ച് ഏത് സത്യം ഏത് അസത്യം എന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് പരിതസ്ഥിതിയിലും മനസ്സിനെ ഇളകിമറിയാൻ അനുവദിക്കാതെ എല്ലാം ഈശ്വരമയം ഈശാവാസ്യം ഇതം സർവം ഈ കാണുന്നതൊക്കെ ഈശ്വരൻ അത് ഓർമ്മിക്കുക വേറൊന്നും വേണ്ട ആരോടും പറയണ്ട ഇനി വീട്ടിലൊക്കെ ചെന്ന് ഇതൊക്കെ ചിലർക്ക് പറയേണ്ട വഴക്കും വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കാറില്ല ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് കാര്യം നമ്മുടെ ഒരു രഹസ്യം ഗംഭീരമായിട്ട് അഭ്യസിക്കുക ഇരുന്നു മുതൽ നിങ്ങളിൽ പലരും ഒരു പക്ഷേ നേരത്തെ തുടങ്ങിയിരിക്കാം നമ്മുടെ മനസ്സിനെ സമനില പഠിപ്പിക്കാനുള്ള ഈ യോഗബുദ്ധി സാങ്കിബുദ്ധി കഴിഞ്ഞ് യോഗബുദ്ധി അത് വിട്ടുവീഴ്ച കൂടാതെ അഭ്യസിക്കുക ചിലര് പറയാനുണ്ട് സാറ് പറയുന്നത് ശരിയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നല്ല വീണ്ടും ഓർമ്മിക്കുക അതാണ് അഭ്യാസം കൃഷ്ണൻ പറയുന്ന അഭ്യാസം ഇടയ്ക്ക് മറന്നുപോകുന്ന വീണ്ടും ഓർമ്മിക്കുക ഓർമ്മിച്ചിട്ട് മനസ്സിനെ വീണ്ടും ഒരു താക്കീതൊക്കെ കൊടുക്കേണ്ടത് വെറുതെ കളിക്കരുത് ഞാൻ നിന്നെ പിടിയല്ല എന്നെ പറഞ്ഞൊരു താക്കിയൊക്കെ കൊടുത്ത് ഇത് ഓർമ്മിച്ചോടും നീ മറ്റെന്തു വേണോ മറന്നോ ശാസ്ത്രീയമായ ഈ സത്യം മാത്രം മറക്കരുത് എന്ത് സത്യം സർവം ഈശ്വരമായ എന്ന സത്യം അടുത്ത ദിവസം അഞ്ചാം തീയതിന് നമ്മുടെ ഈ ക്ലാസ് ഉണ്ട് അന്ന് സ്ഥിതപ്രജ്ഞലക്ഷണം ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ പേരുകളൊക്കെ ഓർമ്മിക്കുക സമ മനസ്സിൻ്റെ സമസ്ഥിതി മനസ്സിൻ്റെ വിഷമസ്ഥിതി സാങ്ഖ്യബുദ്ധി യോഗബുദ്ധി ഇത്രയും യോഗ യോഗബുദ്ധി എന്ന് വെച്ചാൽ സമനില ശീലിക്കൽ സാഖ്യബുദ്ധി പദാർത്ഥങ്ങൾ വേർതിരിച്ച് സത്യാസത്യങ്ങൾ നിർണ്ണയിക്കുക സാഖ്യബുദ്ധി സമസ്ഥിതി വിഷമസ്ഥിതി ഈ ഈ പദങ്ങൾ ഓർമ്മിച്ചാൽ തന്നെ നമുക്ക് ഗീതയുടെ കുറേ കാര്യങ്ങൾ ആ ശ്ലോകങ്ങളെല്ലാം ഒന്നും നമുക്ക് ഓർമ്മ ഒന്നില്ലെങ്കിൽ വേണ്ട അടുത്ത ദിവസം നമ്മൾ സ്ഥിരപ്രജ്ഞലക്ഷണം ചർച്ച ചെയ്യും ഗീത പോലുള്ള അത്ഭുതകരമായ ശാസ്ത്രം ശാസ്ത്രഗ്രന്ഥം മതം ചില പറയും പോലെ ഇത് മതഗ്രന്ഥമൊന്നുമല്ല ഇതിൽ കവിഞ്ഞൊരു ശാസ്ത്രമിനി ആരും ഉണ്ടാക്കാൻ പോകുന്നില്ല ഗീതാശാസ്ത്രം ഇതും പുണ്യം അത് ശ്രദ്ധിച്ച് പഠിക്കുക ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുക അതിന് ഭഗവാൻ നമ്മൊക്കെ ബലം തന്ന് ക്ഷുദ്രമായ ഹൃദയദോർ ബലി ഇല്ലാതാക്കി ബലം തന്ന് അനുഗ്രഹിക്കാൻ ഇടപെടട്ടെ നമസ്കാരം